അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവെ നീ ഞങ്ങളെ രണ്ടു തവണ മരിപ്പിക്കുകയും രണ്ടു തവണ ജീവിപ്പിക്കുകയും ചെയ്തു ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു ഇനി പുറത്തുപോകാൻ വല്ല വഴിയുമുണ്ടോ